പറയുക അള്ളാഹു സുബഹാനഹൂവ ചായലാക്ക് പുറമേ നിങ്ങൾ ദൈവങ്ങളായി കരുതിയവരെ വിളിച്ചു നോക്കൂ ആകാശങ്ങളിലും ഭൂമിയിലും ഒരു അണുവിൻറെ തൂക്കം പോലും കൈക്കലാക്കാൻ അവർക്ക് കഴിയില്ല അവിടെ അവർക്ക് യാതൊരു പങ്കുമില്ല അവർക്ക് സഹായിയായി ആരുമില്ല